uh mm -hmm. ഇവിടെ അനുമാനമാണ് തമപരമാണവ അനാരംഭക അസ്പൃശ്യവത്വാ യഥാമന അതിനാണ് ഇവിടെ ഉപാധി പറഞ്ഞത് എന്താണ് ഉപാധി മയ്യർഥ്യം വയ്യർ എങ്ങനെയാ വരുന്നു വൈയർത്ഥ്യം വൃത്തം അതെങ്ങനെ വയ്യർത്യ ആദ്യവൃത്തി പ്രത്യേകം അതാ വരുന്നു അങ്ങനെ വ്യർത്ഥമേവ വൈയർത്യം പറയാം അങ്ങനെ അങ്ങനെ വൃത്തിയും വരും എങ്ങനെ വരും സൂത്രം വ്യർത്ഥസ്യ ഭ വൈയർത്ഥ്യം അങ്ങനെയും വരാം ഗുണവചന ബ്രാഹ്മണാദിപ്യ കർമ്മണിജ വന്നുകഴിഞ്ഞ സൂത്രം വരുന്നു വ്യർത്ഥ ഷഞ്ച വ്യാകരണം വയ്യാകരണനെങ്ങനെ വന്നു നവ്യാഭ്യാം വദാന്താഭ്യാം പൂർവതാഭ്യം ഐച്ച് വയ്യർത്ഥ്യം മലയാളത്തിൽ പറയാറില്ല എന്താണ് വയ്യാവേലി എന്നൊക്കെ പറയാറില്ല അതുപോലൊരു വൈ വയ്യത്ഥ്യ വയ്യർത്ഥ്യ ഉപാധി വയ്യർത്ഥ്യ ഉപാധി അതാണ് അങ്ങനെ ഒരു ഉപാധി വരുന്നു പൂർവ്വത്തിലുള്ള അർത്ഥ ധാതുവിൽ നിന്നും അർത്ഥ കഞ്ഞുവരാം ഭാവാർത്ഥത്തിന്റെ ഏതർത്ഥത്തിനും വരാം വ്യർത്ഥം വ്യർത്ഥത എന്നുള്ളത് അങ്ങനെയും വരാം അർത്ഥശബ്ദം ശ്രദ്ധിച്ചിട്ട് വിട്ട സമാസം ചെയ്യാം വിഗതാർത്ഥം വ്യർത്ഥം അപ്പം വ്യർത്ഥം എന്ന് പറയുമ്പം ഉപാധി വരാൻ അവിടെ കാരണം പറഞ്ഞെന്താണ് മനപ്പരമാണുവിൽ നിന്നുണ്ടാകുന്ന കാര്യദ്രവ്യം കാരണം ഈ മനഃപരമാണുവിൽ നിന്ന് കാര്യദ്രവ്യം എന്ന് പറയുന്നത് തർക്കികന്മാരങ്ങനെ ഒരു അനുമാനം നടത്തി കൊണ്ടാണ് അദ്വൈതി പറയുന്നത് തർക്കം പറയുന്നു മനഃപരമാണുവിൽ നിന്ന് കാര്യദ്രവ്യം ഉണ്ടാകത്തില്ല മപരമാണുവിൽ നിന്ന് കാര്യദ്രവ്യം ഉണ്ടാകത്തില്ല മനപ്പരമാണുങ്ങളെപ്പോലെ എന്ന് പറഞ്ഞാൽ മനപരമാണുവിൽ നിന്നുള്ള ഒരു കാര്യദ്രവ്യത്തെ അവർ അംഗീകരിക്കുന്നു അപ്പോഴാണ് അവിടെ മനഃപരമാണുവിൽ നിന്നുള്ള കാര്യദ്രവ്യത്തെ കുറിച്ച് ഒരു ചിന്ത വന്നത് അങ്ങനെ പറയുന്നു അവിടെ വ്യർത്ഥതയുണ്ട് കാരണം പറയുന്നു മനപരമാണുവിൽ നിന്ന് ഒരു കാര്യദ്രവ്യം ഉണ്ടായാൽ അത് ഉണ്ടായാൽ ശരീരൂപത്തിലോ ഇന്ദ്രിയ രൂപത്തിലോ വിഷയരൂപത്തിലോ അത് ഭോഗസാധനമാകത്തില്ല കാര്യദ്രവ്യങ്ങൾ ശരീരം ഇന്ദ്രിയം വിഷയം മൂന്ന് രൂപത്തിലാണ് ഭോഗസാധനമാകുന്നത് ഭോഗസാധനം അല്ല എന്ന് പറഞ്ഞാൽ അതാണ് വൈയർത്യം എന്ന് പറഞ്ഞു അതിൽ ശരീര രൂപത്തിൽ എന്തുകൊണ്ട് ഭോഗസാധനമാകുന്നില്ല എന്ന് പറഞ്ഞു ശരീരരൂപത്തിലൊന്ന് ഭോഗസാധനമാകണമെങ്കിൽ ചതുർവിധ ശരീരത്തിൽ അന്തർഭവിച്ചിരിക്കണം അപ്പോ പറഞ്ഞെന്താണ് മനാരബ്ധ്രവ്യസ ഭസാധനത്വം ചതുർവിധ ശരീര അനന്തർഭവ ഭ അത് ഭോഗസാധനത്തുമില്ലാന്ന് പറഞ്ഞാൽ മനാരബ്ദ ദ്രവ്യ ശരീരതയാ ഭോഗം അങ്ങനെയാണ് നിഷേധിക്കുന്നു ശരീരതയാ ഭോഗസാധന അനന്തർഭോഗ പിന്നെ അടുത്ത് വിഷയത്തിന്റെ കാര്യം വിഷയതയാ ഭോഗസാധനമാകും അതുപോലെ ആകത്തില്ല എന്തുകൊണ്ട് അസ്തി എന്തുകൊണ്ട് ൂന്യ ദ്രവ്യത്വം മനാരബ്ധദ്രവ്യം ഭോഗസാധനമല്ല എന്തുകൊണ്ട് രൂപസ്പർശ്രേത മനാരബ്ധ്രവ്യത്തിൽ നിന്ന് ദ്രവ്യത്തിൽ ഭോഗ സാധനമാകാത്തത് അങ്ങനെ ഒരു ദ്രവ്യം അതിലൊരു രൂപമില്ല സ്പർശവും രൂപസ്പർശൂന്യമായി കഴിഞ്ഞാൽ അത് വിഷയമായിട്ട് ഭോഗസാധനമാകത്തില്ല പറഞ്ഞാൽ വിഷയരൂപത്തിൽ ഭോഗസാധനമാകുന്നതിന് ഒന്നെങ്കിൽ രൂപം വേണം അല്ലെങ്കിൽ സ്പർശം വേണം എന്ന് പറയുമ്പോൾ തമസിൽ ദ്രവ്യം അത് ൂപമുള്ളത് കൊണ്ട് ഭോഗ സാധനമാണ് വിഷയത്വേന ഭോഗസാധനം തമസ്സെന്ന് പറയുന്നത് രൂപമുള്ള ദ്രവ്യമായതുകൊണ്ട് വിഷയത്വേന അത് ഭോഗസാധനം വായു എന്ന് പറയുന്നത് രൂപമില്ലെങ്കിലും സ്പർശമുള്ളത് കൊണ്ട് ഭോഗസാധനം തമസിനെ കുറിച്ച് പറയാൻ എന്താണ് തമസ് സ്പർശമില്ലെങ്കിലും രൂപമുള്ളത് കൊണ്ട് വിഷയത്വേനെ അത്ഭോഗ സാധനമാണോ എന്ന് പറഞ്ഞു മനസ്സാണെങ്കിലോ മനസ്സിൽ നിന്നുണ്ടാകുന്നത് അതിൽ രൂപവുമില്ല സ്പർശവും ഇല്ല അതുകൊണ്ട് വിഷയത്വേന അത് ഭോഗ സാധനമാകത്തില്ല എന്നുവെച്ചാൽ മന ആരബ്ധ്രവ്യം വ്യർത്ഥമാണോ അതും പറഞ്ഞു പിന്നെ ഇനി നോക്കേണ്ടത് എന്താണ് ഇന്ദ്രിയത്വേനെ പറയുന്നു മന ആരബ്ധ്രവ്യം ഇന്ദ്രിയമല്ല മനസ്സേന്ദ്രിയമാണ് മന ആരബ്ധ്രവ്യം ഇന്ദ്രിയമല്ല ഇന്ദ്രിയമല്ലാത്ത ഒന്നു ഇന്ദ്രിയ ഭോഗ സാധനം ആകത്തില്ല അത് നേരിട്ടാണ് മന ആരബ്ദ്രവ്യം ഇന്ദ്രിയം അല്ല അതുകൊണ്ട് ഇന്ദ്രിയ ഭോഗ സാധനമല്ല അപ്പോ മന ആരബ്ധ്രവ്യം ശരീരത്വേന ഭോഗസാധനമല്ല വിഷയത്വേന ഭോഗ സാധനമല്ല അതാണ് അവിടെ പറഞ്ഞത് എന്നാ ശരീര ശരീര ഇന്ദ്രിയ വിഷയ അനന്തർഭൂത കാര്യദ്രവ്യസ ഭരയിൽ അംഗീകൃതേ എന്നാണ് പറയുന്നത് യും മനസിലാക്കേണ്ട ഒരു കാര്യം ശരീര ഇന്ദ്രിയ വിഷയ അനന്തർഭൂതസ് കാര്യദ്രവ്യസി ഭോഗ സാധനത്വം നാസി പരീര എന്ന് പറഞ്ഞാൽ തർക്കികമാർ അപ്പൊ എന്തായി പറയുന്നതിന്റെ താല്പര്യം ശരീര വിഷയ അനന്തർഭൂതസ്യ കാര്യദ്രവ്യം നോക്കുക കാര്യദ്രവ്യം എന്ന് എന്തുകൊണ്ട് പറയുന്നു മനസ്സിൽ നിന്ന് ഒരു ദ്രവ്യം ഉണ്ടായാൽ അത് കാര്യദ്രവ്യമാവും അങ്ങനാകണമെങ്കിൽ പക്ഷേ ശരീര ഇന്ദ്രിയ വിഷയത്തിൽ ഉൾപ്പെടാത്ത ഒരു കാര്യദ്രവ്യം ഭോഗസാധനമാകത്തില്ല അപ്പം മനസ്സിൽ നിന്ന് ഒരു കാര്യദ്രവ്യം ഉണ്ടായാൽ പറയണം അങ്ങനെ സംഭവിച്ചാൽ അത് നേരത്തെ പറഞ്ഞ അനുസരിച്ച് ഈ ചതുർവിധ ശരീരങ്ങളിൽ അന്തർഭവിക്കാത്തതുകൊണ്ട് അത് ശരീരമല്ല ഉപഭോഗ സാധനമല്ല പിന്നെ രൂപവും സ്പർശവും ഇല്ലാത്തത് കൊണ്ട് അത് വിഷയമല്ല അതുകൊണ്ട് വിഷയത്തിന് ഭോഗസാധനമല്ല പിന്നെ മനസ്സെന്ന് പറയുന്നുണ്ടാകുന്നത് ഇന്ദ്രിയമല്ലാത്തതുകൊണ്ട് അത് ഇന്ദ്രിയമല്ല ഏത് മനസ്സിൽ നിന്നുണ്ടാകുന്ന കാര്യദ്രവ്യം ഇന്ദ്രിയും ഭോഗസാധനമല്ല അപ്പം അങ്ങനെ ഒരു കാര്യദ്രവ്യത്തെ കുറിച്ച് സങ്കല്പിച്ചാൽ അത് ശരീരവുമല്ല ഇന്ദ്രിയവുമല്ല വിഷയവുമല്ല അതുകൊണ്ട് ഭോഗസാധനമല്ലെന്നാണ് ഇവിടെ പറയുന്നത് എന്നു പറഞ്ഞാൽ അവിടെ ഒരു വ്യാപ്തി വരും എന്താണ് എത്രയെത്ര ശരീര ഇന്ദ്രിയ വിഷയത്വേന ഭോഗ സാധനം കരിദ്രവ്യത്വം ശരീര ഇന്ദ്രിയ വിഷയത്വേന എത്രയെത്ര കരിദ്രവ്യത്വം അങ്ങനെ പറയുന്നു എവിടെയെല്ലാം ശരീര ഇന്ദ്രിയ വിഷയ രൂപത്തിൽ കരിദ്രവ്യം ഉണ്ടോ അവിടെയെല്ലാം എന്തുണ്ട് ശരീര ഇന്ദ്രിയ വിഷയരൂപത്തിൽ ഇവിടെയൊക്കെ കാരിദ്രവ്യങ്ങളുണ്ടോ അവിടെയെല്ലാം ഭോഗസാധനം അതല്ല ഇവിടെ പറയുന്നത് അല്ലാത്ത സ്ഥലത്ത് അവർ ഭോഗസാധനത്വത്തെ അംഗീകരിക്കുന്നു അത് അവനോട് പറയാൻ ഉദ്ദേശിക്കുന്നു ഭോഗസാധനമായി സ്വീകരിക്കണമെങ്കിൽ ശരീര ഇന്ദ്രിയ വിഷയരൂപത്തിലുള്ള കാര്യദ്രവ്യമായിരിക്കുന്നു എന്നെ പറ്റൂ ശരീരമോ ഇന്ദ്രിയമോ വിഷയവുമായ ഒരു കാര്യദ്രവ്യം മാത്രമേ ഭോഗസാധനം ആകത്തുള്ളൂ എന്ന് പറയുന്നു അവിടെ ശരീരം ഇന്ദ്രിയം വിഷയരൂപത്തിൽ എത്ര ഭോഗ സാധനത്വം തിരിച്ച് എവിടെ എവിടെയെല്ലാം ഭോഗസാധനത്വം ഉണ്ടോ അവിടെ എവിടെയെല്ലാം ശരീരഇന്ദ്രിയ വിഷയരൂപേണ കാര്യദ്രവ്യത്വം അങ്ങനെ എവിടെ എവിടെയെല്ലാം ഭോഗസാധനത്വം ഉണ്ടോ അവിടെ എവിടെയെല്ലാം ശരീര ഇന്ദ്രിയ വിഷയേന കാര്യദ്രവ്യത്വമുണ്ടോ അങ്ങനെ പറയുന്നു മറിച്ച് വ്യാപ്തി ഇങ്ങനെ പറയണേ എത്രയെത്ര ഭോഗം ശരീര ഇന്ദ്രിയ വിഷയത്വേന ദ്രവ്യത്വം കാര്യം വെട്ടും എവിടെ എവിടെയെല്ലാം ഭോഗസാധനം ഉണ്ടോ അവിടെ എവിടെയെല്ലാം ശരീര ഇന്ദ്രിയ വിഷയത്വേന ദ്രവ്യത്വം അങ്ങനെ വ്യാപ്തി പറയാൻ പറ്റുമോ പറയാൻ എന്തുകൊണ്ട് ഏത് ഏത് കാര്യം എത്രയെത്ര ഭോഗം അത്രയത്ര ശരീര ഇന്ദ്രിയ വിഷയത്വനദ്രവ്യത്വം എന്ന് പറയാൻ പറ്റുന്ന എന്തുകൊണ്ട് ഗുണങ്ങളുണ്ട് ഗുണങ്ങൾ എടുക്കുക ഗുണങ്ങളെന്ന് പറയുന്നത് ഭോഗസാധനമാണ് അവിടെ ശരീര ഇന്ദ്രിയ വിഷയത്വേന ഭോഗസാധനം എന്ന് വെച്ചാൽ അത് വിഷയമാണ് ഗുണം വിഷയമല്ലേ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കുന്ന വിഷയമാണ് ധ്രൂപ്രസാദി ഗുണങ്ങൾ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കുന്നു അപ്പോ അത് വിഷയമാണ് അപ്പൊ എത്ര എത്ര ഭോഗസാധനത്വം തത്ര ശരീര ഇന്ദ്രിയ വിഷയത്വേന ദ്രവ്യത്വം എന്ന് പറയാൻ പറ്റില്ല കാരണം ആ സാധ്യ ഇല്ലാത്ത സാധനമാണ് ഇവിടെ ഗുണം അവിടെ എന്തിരിക്കുന്നു ഭോഗ സാധനത്വം എന്തുവന്നു വ്യഭിചാരം വന്നു ഇല്ലേ വ്യാപകം ഇല്ലാത്തടത്ത് വ്യാപിയിരിക്കുന്നു അല്ലേ അങ്ങനെ പറയാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഭസാധനത്വം അത്രയത്ര ശരീര ഇന്ദ്രിയ വിഷയത്വേന ദ്രവ്യത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില്ലാത്ത ഗുണങ്ങളിലും എന്തുണ്ട് ഭോഗസാധനത്വം ഉണ്ട് അവിടെ ദ്രവ്യത്വമില്ല പിന്നെ എത്രയെത്ര ഭോഗ പറയാണ് ശരീര ഇന്ദ്രിയ വിഷയത്വേന ഭോഗസാധനത്വം കാലത്തിലുണ്ട് കാലം കാലത്തിൽ ഭോഗസാധനത്വം ഉണ്ട് എന്തുകൊണ്ട് ജന്യാനാം ജനകക്കാല സർവ്വത്തിനും കാരണമാണ് കാലം അവിടെ വിഷയത്വേന ഭോഗസാധനത്വമുണ്ട് അവിടെ വിഷയത്വേന അല്ല ജന്യാനാം ജനകക്കാല എന്നുള്ള നിയമം അനുസരിച്ച് കാലം എല്ലാത്തിനും കാരണമാണ് ഇന്ദ്രിയ വിഷയമായതുകൊണ്ടല്ല കാലം എല്ലാത്തിനും കാരണമായതുകൊണ്ട് ഭോഗത്തിന് സാധനമാണ് അപ്പോ എത്രയെത്ര ഭോഗ സാധനത്വം അത്ര എത്ര ശരീര ഇന്ദ്രിയ വിഷയത്വം എന്ന് പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീര ഇന്ദ്രിയ വിഷയത്വം ഇല്ലാത്ത കാലം കാലത്തിൽ ഭോഗസാധനത്വമുണ്ട് അല്ലേ ഇങ്ങനെ പറയണ എത്രയെത്ര ഭോഗ സാധനത്വം അത്ര ശരീര ഇന്ദ്രിയ വിഷയത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീര ഇന്ദ്രിയ വിഷയത്വം ഇല്ലാത്തയുടെ കാലം അവിടെ ഭോഗസാധനത്വമുണ്ട് കാലമെന്ന് പറയുന്ന ഇന്ദ്രിയ വിഷയമുണ്ട് അത് കാലം വിഷയമല്ല കാലം എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളിലൂടെ മനസ്സ് ഗ്രഹിക്കുന്ന എന്താണ് ഉള്ളിലുള്ള സുഹതുക്കാദികൾ ബാഹ്യവിഷയങ്ങളെ മനസ്സിന് ഗ്രഹിക്കണമെങ്കിൽ എന്ത് വേണം ബാഹ്യേന്ദ്രിയങ്ങളുടെ സഹായം വേണം അപ്പം ബാഹ്യേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് രൂപാധികളില്ലാത്തതുകൊണ്ട് കാലത്ത് ആഗ്രഹിക്കുന്നില്ല അവ മനസ്സിന് ഗ്രഹിക്കാൻ പറ്റത്തില്ല ബാഹ്യേന്ദ്രിയങ്ങളുടെ സഹായത്തോടെ മനസ്സിന് ബാഹ്യ വിഷയങ്ങൾ ആഗ്രഹിക്കാൻ പറ്റും കാലത്തെ അനുമാനത്തിലൂടെ ആഗ്രഹിക്കാം ഇന്ദ്രിയപ്രത്യക്ഷമുണ്ട് അങ്ങനെ ആഗ്രഹിക്കുക മനസ്സുകൊണ്ടറിയുന്ന വെച്ചാൽ ഇതാണ് കാലത്തെ ഗ്രഹിക്കാൻ പറ്റത് ബാഹ്യേന്ദ്രിയങ്ങളുടെ സഹായത്തോടു കൂടെ ബാഹ്യ വിഷയങ്ങളെ മനസ്സിന് ഗ്രഹിക്കാൻ പറ്റും അല്ലാഗ്രഹിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ആന്തിരിക വിഷയത്തെ ഗ്രഹിക്കാൻ പറ്റും അപ്പോ കാലത്ത് പിന്നെ എങ്ങനെ ഗ്രഹിക്കും അനുമാനത്തിലൂടെ ഗ്രഹിക്കാം അങ്ങനെയൊക്കെ ഈ നിയമം അനുസരിച്ച് അല്ലാതെ കാലത്ത് ഗ്രഹിക്കുകയെന്ന് പറഞ്ഞാൽ ആകാശത്തെയും ഗ്രഹിക്കും എന്ന് പറയും അങ്ങനെയും പക്ഷമുണ്ട് ആകാശത്തെയും ഗ്രഹിക്കുന്നു എന്ന് പറയും അത് വേറെ പക്ഷം നിയമം ഇതാണ് ഇതാണ് ബാഹ്യ വിഷയങ്ങളെ ബാഹ്യേന്ദ്രിയങ്ങളുടെ സഹായത്തോടെ മനസ്സിന് ഗ്രഹിക്കാൻ പറ്റും ബാഹ്യേന്ദ്രിയങ്ങൾ കാലത്ത് ഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് മനസ്സും ഗ്രഹിക്കുന്നില്ല അങ്ങനെ ഇതൊരു സാമാന്യ നിയമം എന്റെ അപവാദമായിട്ട് പറയും ആകാശത്തെയും പഞ്ചേന്ദ്രിയ ഗ്രഹിക്കുമെന്ന് പറയുന്നത് പോലെ മനസ്സിനെ ഗ്രഹിക്കുക അത് വേറെ പക്ഷെ എന്തുവരുന്നു എത്രയെത്ര ശരീരേന്ദ്രിയത്രയെത്ര ഭോഗം അത്ര ശരീരേന്ദ്രിയ വിഷയത്വം പറയാൻ പറ്റില്ല കാരണം കാലം എന്ന് പറഞ്ഞു അതുകൊണ്ട് എന്ത് പറഞ്ഞു എത്രയെത്ര ഭോഗ സാധനത്വം അത്ര ശരീര ഇന്ദ്രിയ വിഷയത്വേന കാര്യദ്രവ്യത്വം അപ്പൊ കാര്യദ്രവ്യം എന്ന് പറഞ്ഞപ്പം എന്ത് ചെയ്തു കാലമൊഴിവായി എത്രയെത്ര ഭോഗ സാധനത്വം നോക്കുക അവിടെയുള്ള എന്തുപറയുന്നു ശരീരേന്ദ്രിയ വിഷയത്വേന കാര്യദ്രവ്യത്വമുണ്ട് ശരീരം അല്ലെങ്കിൽ ഇന്ദ്രിയ അല്ലെങ്കിൽ വിഷയരൂപത്തിലുള്ള കാര്യദ്രവ്യത്വത്തെ പറയാണ് ഇനി മനസ്സിൽ പോകുമോ അത് പോകില്ല കാരണം എന്തെന്ന് വെച്ചാൽ അത് വിഷയത്വേന കാര്യദ്രവ്യ അല്ല ശരീരത്വേന കാര്യദ്രവ്യമല്ല ഇന്ദ്രിയത്വേന കാര്യദ്രവ്യ കാര്യദ്രവ്യമേ അല്ല ആണ് അപ്പൊ ഭോഗസാധനത്വം എന്ന് പറയുന്നത് അപ്പം ഇത്രയും സ്ഥലങ്ങളിലേ ഉള്ളൂ എന്തുകൊണ്ട് ശരീര ഇന്ദ്രിയ വിഷയം മൂന്നെണ്ണത്തിലേ ഉള്ളു അപ്പൊ ഈ ശരീരേന്ദ്ര വിഷയം എന്ന് പറയുന്ന മൂന്നെണ്ണം എന്താണോ ഈ മൂന്നെന്ന് പറയുന്നത് പൃഥിവി അപ്പ് തേജസ് വായു നാലെണ്ണത്തിലേ ഉള്ളു തത്ര ഗന്ധപതി പൃഥിവി സാധീവിത നിത്യാനിത്യാസ നിത്യ പരമാണുരൂപ അനിത്യ കാര്യരൂപ അപ്പൊ അനിത്യമായ പൃഥ്വിയെ മുഴുവൻ മൂന്നായിത്തിരിക്കാണ് എന്താണ് ഒന്നുതൽ അത് ശരീരമായിരിക്കും അല്ലെങ്കിൽ അത് ഇന്ദ്രിയമായിരിക്കും അല്ലെങ്കിൽ അത് വിഷയമായിരിക്കും അപ്പം ഈ മൂന്നെണ്ണം അല്ലാതെ കാര്യദ്രവ്യം ഉണ്ടോ പൃഥിവിയിൽ ഇല്ല അതുപോലെ പൃഥിവി അപ്പ് തേജസ് വായു ഈ മൂന്നെണ്ണത്തിൽ തർക്കന്മാർ പറയുന്ന അനുസരിച്ച് ശരീരം ഇന്ദ്രിയം വിഷയം ഒന്ന് വിഭജിക്കുന്നതുകൊണ്ട് കാരിദ്രവ്യം വേറെയില്ല പിന്നെ വേറെ വരുന്ന ഏതൊക്കെയാണ് ആകാശം കാലം ദിക്ക് ആത്മാ മനസ്സിലൊന്നിനും കാര്യത്തിൽ വേണ്ട ഭോഗ സാധനമായിട്ട് എന്തേ വരത്തുള്ളു കാര്യത്തിൽ അതുകൊണ്ട് ഇങ്ങനെ പറയാൻ എന്താണ് എത്ര എത്ര ശരീര ഇന്ദ്രിയ എത്ര എത്ര ഭോഗസാധനത്വം തത്ര ശരീര ഇന്ദ്രിയ വിഷയത്വം അങ്ങി ഇങ്ങനെയും പറയാം എത്രയെത്ര ശരീര ഇന്ദ്രിയ വിഷയത്വേനെ പോകസാധനം കാരിദ്രവ്യത്വം ശരീര ഇന്ദ്രിയ വിഷയരൂപത്തിൽ എവിടെ എവിടെയൊക്കെ കാരിദ്രവ്യമുണ്ടോ അവിടെ എവിടെയെല്ലാം ഭോഗസാധനത്വം ഉണ്ടോ എത്ര എത്ര ഏ എത്രയെത്ര ശരീര ഇന്ദ്രിയ വിഷയത്വേന ും എന്ന് വെച്ചാ അത് വരുന്നേ പൃഥിവി അപ്പ് തേജസ് വായു ഈ നാലെണ്ണത്തിന്റെ കാര്യദ്രവ്യത്തി ശരീര ഇന്ദ്രിയ വിഷയത്വനു കാര്യ ദ്രവ്യത്ത് നാല് സ്ഥലത്തുണ്ട് അവിടെയെല്ലാം എന്തുണ്ട് ഭോഗസ്ഥനത്തുണ്ട് അത് കാണിക്കാൻ പറ്റും പിന്നെ ഇങ്ങനെ പറയാന് എത്ര എത്ര ശരീര ഇന്ദ്രിയ വിഷയത്വേന കാര്യദ്രവ്യത്വം തത്ര ഭാധനത്വം എന്ന് പറയുന്നുണ്ട് അങ്ങനെ പറയുന്നുണ്ട് ഇപ്പൊ ഗുണത്തെ എടുക്കുക അല്ലേ എത്ര എത്ര ശരീര ഇന്ദ്രിയ വിഷയത്വേന ഭോഗ കാര്യദ്രവ്യത്വം തത്ര ഭോഗം എന്ന് പറയുന്നു ഏ അപ്പോൾ വ്യാപ്യമായി പറയുന്നത് എന്താണ് എത്രയെത്ര ശരീര ഇന്ദ്രിയ വിഷയത്വേന കാര്യദ്രവ്യത്വം ഇതാണ് തത്രയത്ര ഭോഗ സാധനത്വം എന്ന് പറയുന്നു ഈ ഭോഗസാധനത്വത്തിന്റെ അഭാവമുള്ളിടത്ത് കാര്യദ്രവ്യത്വം ഇരിക്കാൻ പാടില്ല വ്യാപ്തി പറയുമ്പോൾ ഭോഗസത്വത്തിന്റെ അഭാവം ഉള്ളിടത്ത് കാര്യദ്രവ്യത്വം ഇരിക്കാൻ പാടില്ല ഇപ്പൊ ഭോഗസാധനത്തിന്റെ അഭാവമുണ്ടോ എവിടെ ഗുണത്തിൽ ഭോഗസാധനത്തിന്റെ അഭാവമുണ്ടോ ഇല്ല ഭോഗസാധനത്തിന്റെ അഭാവം എവിടെ വരും ഭോഗസാധനത്തിന്റെ അഭാവം എന്ന് പറയുന്നത് ആകാശവാദികളിൽ വരും Is of <divorce> <vivre> a <mah> േ ആകാശവാദികളെല്ലാം ഭോഗസാധന അഭാവം വരും അല്ലേ അപ്പോ അവിടെ എന്തുവരുന്നു ശരീര ഇന്ദ്രിയ വിഷയത്തിനാരിദ്രവ്യത്വില്ല ആ വന്നു ദോഷമില്ല അങ്ങനെ പറയും ഭോഗസാധനത്വ അഭാവം വരുന്നത് ആകാശവാദികളിൽ പറയാം എന്നാണ് എന്നുവെച്ചാൽ അത് പറയാൻ കാരണം എന്താണ് ഇവിടെ പറയുന്നത് ബാഹ്യേന്ദ്രിയങ്ങളിലൂടെ ഇതൊന്നും ഗ്രഹിക്കുന്നില്ല ആ നിയമം അനുസരിച്ചിട്ടാണ് ബാഹ്യേന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കാത്തതുകൊണ്ട് അത് ഭോഗ സാധനമല്ല അങ്ങനെ പറയുന്നു തമസ് പോലും ഭോഗസാധനമാണ് എന്തുകൊണ്ട് ബാഹ്യേന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കുന്നുണ്ട് ആകാശകാലുന്ന മനസ്സുകൾ ബാഹ്യേന്ദ്രിയത്തിലൂടെ ഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് അത് ഭോഗസാധനം അല്ല ഇവിടെ കാര്യദ്രവ്യത്വില്ല യോഗസാധനം ഇല്ലാത്തടത്ത് കാര്യദ്രവ്യത്വില്ല വ്യാപ്തിക്ക് ദോഷമില്ല ഇങ്ങനെ പറയുമ്പോൾ ദോഷമുണ്ടോ അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് ശരീരേന്ദ്രിയ വിഷയ അനന്തർഭൂത കാര്യദ്രവ്യസ്യ ശരീര ഇന്ദ്രിയ വിഷയ അനന്തർഭൂതമായ ഒരു കാരിദ്രവ്യം അത് ഭോഗ എന്തുകൊണ്ട് ഞാൻ എന്റെ അർത്ഥം എന്താ എവിടെയാണോ ഭോഗസാധനം എവിടെയാണോ ശരീര വിഷയ അനന്തർഭൂതമായ കാര്യദ്രവ്യത്വം ഇല്ലാത്തത് അവിടെ ഇല്ല ഇതാണ് ഇവിടെ പറയുന്നത് അങ്ങനെ ഒരു വ്യാപ്തി പറയുന്നു എങ്ങനെയാണോ എവിടെയാണോ ശരീര വിഷയ വിഷയമായ ശരീര ഇന്ദ്രിയ വിഷയ അന്തർഭൂതമായ കാര്യദ്രവ്യത്വം ഇല്ലാത്ത സ്ഥലം എവിടെ ആകാശവാദികൾ ശരീര വിഷ് ഇന്ദ്രിയ വിഷയ അന്തർഭൂതമായ ദാരിദ്ര്യത്വം എവിടെയാണോ ഇല്ലാത്ത അവിടെ ഭോഗസാധനത്വം ഇല്ല ഇതാണ് ഇവിടെ പറയുന്നത് തിരിച്ചു പറയുകയാണെങ്കിലോ നേരത്തെ പറഞ്ഞു പോകാൻ എവിടെയാണോ ഭോഗസാധനത്വം ഇല്ലാത്തത് പറയും എവിടെയാണോ ഭോഗസാധനത്വം ഇല്ലാത്തത് ഭസാധനം എന്ന് പറയുന്നത് എന്താണ് ആകാശാദികൾ അവിടെ ശരീരഇന്ദ്രിയ വിഷയ രൂപത്തിലുള്ള കാര്യദ്രവ്യത്വവും ഇല്ല ശരിയല്ലേ ഭൂഖസാധനത്വില്ല ആകാശവാദികൾ അവിടെ നിന്നും എന്താണ് ശരീര ഇന്ദ്രിയ വിഷയ അനന്തർഭൂത കാര്യദ്രവ്യത്വം ഇല്ല ഈ നിയമം അനുസരിച്ച് തർക്കമാരുടെ നിയമം അനുസരിച്ചാണ് പറയുന്നത് ഇതാണോട് പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോ ശരീരേന്ദ്രിയ വിഷയ അനന്തർഭൂത കാര്യദ്രവ്യ ഭോഗം ഇല്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ശരീരേന്ദ്രിയ വിഷയ അന്തർഭൂതമായ കാര്യദ്രവ്യത്വം എവിടെയാണോ ഇല്ലാത്തത് അവിടെ ഭോഗസാധനത്വം ഇല്ല ആകാശവാദികൾ ഇതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇനി ഹിന്ദി നോക്കണം എന്താണ് ഇതിലെന്താ തെറ്റ് എഴുതിയിരിക്കുന്നതിന്റെ അത് നമ്മളതിനെ വ്യാഖ്യാനിച്ചു എഴുതിയിരിക്കുന്നതിൽ എന്ത് തെറ്റെന്നുള്ളതാണ് ഹിന്ദി പഠിച്ചവർ പറയണം ഈ പറഞ്ഞതിൽ നിന്നും ഹിന്ദിയിൽ തെറ്റല്ല ആശയത്തിൽ തെറ്റ് ഹിന്ദിയിൽ തെറ്റ് പറയാൻ ചോദിക്കാൻ അത് തന്നെ തെറ്റ് അങ്ങനെ പറയാൻ പറ്റില്ല അവിടെയാണ് തെറ്റ് ശരീര ഇന്ദ്രിയ വിഷയത്തിൽ നിന്നും ഭിന്നമായൊരു ജന്യദ്രവ്യം ഇല്ല ഉണ്ടെങ്കിൽ അല്ലേ ഇങ്ങനെ പറയാൻ പറ്റും എന്താണ് പാടില്ല അപ്പൊ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന എന്താണ് ശരീര ഇന്ദ്രിയ വിഷയ വിഷയത്വന് കാര്യദ്രവ്യത്വം എത്ര നാസ്തി ശരീര ഇന്ദ്രിയ വിഷയ അന്തർഭൂതത്വന കാര്യദ്രവ്യത്വം ശരീര ഇന്ദ്രിയ വിഷയ അന്തർഭൂതത്വേന കാര്യദ്രവ്യത്വം നാല് സ്ഥലങ്ങളിലുണ്ട് അതെവിടെയാണോ ഇല്ലാത്തത് ഇവിടെ ആകാശവാദികൾ അവിടെ എന്താണ് ഭോഗസാധനത്വം ഇല്ല അല്ലാതെ കാര്യദ്രവ്യം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല അങ്ങനെ ഒരു കാര്യദ്രവ്യമേ ഇല്ല അപ്പൊ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചതാണ് എന്തുകൊണ്ടങ്ങനെ പറയുന്നു പൊതുവായി പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ദോഷങ്ങളെല്ലാം വരും എന്താണ് ശരീരേന്ദ്രിയ വിഷയ ഭിന്നവേന ഭോഗ സാധനത്വം ഇല്ല എന്ന് പറയാൻ പറ്റില്ല കാരണം ശരീരേന്ദ്രിയ വിഷയ ഭിന്നത്വേന എന്താണ് കാലത്തിലുമുണ്ട് ഭോഗസാധനത്വം ഗുണത്തിൽ കൊണ്ട് ഭോഗസാധനത്വം മനസ്സിലായോ അത് വ്യാഖ്യാനത്തിൽ അത് പറയുന്നുണ്ട് നന്നു മാസ്തു ത്രിവിധ അന്തർഭാവ അനന്തർഭൂതശിവ കിമിതി ഭോഗസാധനത്വം നുണാധിപത് വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട് അതായത് മൂന്നെണ്ണത്തിൽ അന്തർഭവിക്കാത്തതിന് ഭോഗസാധനം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നെണ്ണത്തിൽ അന്തർഭവിക്കാത്തതാണ് എന്ത് ശരീര ഇന്ദ്രിയ വിഷയം എന്ന് പറയുമ്പോൾ അത് കാരിദ്രവ്യം എന്ന് വെച്ചുകൊണ്ടാണ് ഗുണവും വിഷയമാണ് അപ്പൊ കാരിദ്രവ്യമായിട്ടുള്ള ശരീര ഇന്ദ്രിയ വിഷയങ്ങൾ അതിൽ അന്തർഭവിക്കാത്ത ഒന്നാണെന്ത് ഗുണം അത് ഭോഗ സാധനത്തോണ്ടല്ലോ അതുകൊണ്ടിവിടെ എന്തു പറഞ്ഞു മൂന്നണ്ടത്തിൽ അന്തർഭവിക്കാതെ എന്നുള്ളതല്ല ശരീരേന്ദ്രിയ വിഷയ അനന്തർഭൂതസി കാര്യദ്രവ്യസി ശരീരഇന്ദ്രിയ വിഷയ അന്തർഭൂത കാര്യദ്രവ്യ ഭിന്നസി എന്നാണ് അതിൻ്റെ അർത്ഥം എങ്ങനെ ഉം ാരിദ്ര്യോ അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്നു എന്താണ് അപ്പൊ ഹിന്ദിയിലെങ്ങനെ പറയും ഇത് തന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞ രീതിയിൽ ഹിന്ദിയിൽ എങ്ങനെ എഴുതും ശരീര ഇന്ദ്രിയ സംബന്ധിച്ച് ചേർക്കേണ്ടി വരും രൂപിന്ന ഭിന്ന ഭോഗം നാസ്തി അങ്ങനെ പറയണോ ശരീരഇന്ദ്രിയ വിഷയരൂപ്രവ്യ ഭിന്ന ഭിന്നസ്യോഗം മാസത്തില്ലേ ഗുണത്തില് ഭിന്ന ശരിയായ എങ്ങനെ പറയും ശരീര ഇന്ദ്രിയ വിഷയരൂപ് വിഷയത്തിന് ഭിന്ന അല്ല ശരീര ഇന്ദ്രിയ വിഷയരൂപകാര്യ ദ്രവ്യം അതിൽ നിന്ന് ഭിന്നമായ ഒന്നിനും ഭഗസാധനത്തുമില്ല ഭിന്നിനൊന്നും പോകും ഏഹ് അത് ദ്രവ്യം അല്ലല്ലോ ഭിന്നമായ ദ്രവ്യം ആ അത് തന്നെ ശരീര ശരീര ഇന്ദ്രിയ വിഷയരൂപകാരിദ്രവ്യം ഭിന്നു പറഞ്ഞാൽ മതി ദ്രവ്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഗുണം ശരീര ഇന്ദ്രിയ വിഷയം ആകുന്നില്ല അത് വിഷയരൂപകാരിദ്രവ്യമല്ലോ ഈ ശരീരം ഇന്ദ്രിയം വിഷയം എന്ന് പറയുന്ന മൂന്ന് കാര്യദ്രവ്യമായിരിക്കും മൂന്നും കരിദ്രവ്യമായിരിക്കും അപ്പൊ ശരീര ഇന്ദ്രിയ വിഷയരൂപത്തിലുള്ള കാര്യദ്രവ്യം ആ കാരിദ്രവ്യത്തിൽ നിന്ന് ഭിന്നം ഭിന്നു പറയുമ്പോ അത് അതിൽ ഇതൊരു കാര്യദ്രവ്യം അതെ ശരീര ഇന്ദ്രിയ വിഷയ രൂപ കാര്യദ്രവ്യസി ഭിന്ന അങ്ങനൊരു കാര്യദ്രവ്യം ഇല്ലല്ലോ ശരീര ഇന്ദ്രിയ വിഷയ രൂപത്തിലുള്ള കാര്യദ്രവ്യത്തിൽ ഒന്നും ഭിന്നമായൊരു കാര്യദ്രവ്യം ഇല്ല ഏ ഇല്ലാത്ത ഇല്ലാത്ത പിന്നെ എന്തിനു ചേർക്കണം ഏഹ് അതെന്ത് ചെയ്യണം ഭോഗസാധനത്വം എന്നുള്ളതും മനസ്സിലാക്കണം എങ്ങനെ ഭിന്നമായ ഭിന്നമായ ഒന്നിന് അത് ഭോഗസാധനത്വം എങ്ങനെയാകുന്നില്ല ശരീര ഇന്ദ്രിയ വിഷയരൂപേണ ഭോഗസ്ഥ അത് ശരീര ഇന്ദ്രിയ വിഷയ വിഷയരൂപ കാര്യദ്രവ്യത്വത്തിന് ഭോഗസ്ഥാപനമാകുന്നില്ല അതന്നെ ശരീരേന്ദ്രിയ വിഷയ രൂപത്തിലുള്ള കാരിദ്രവ്യത്തിൽ നിന്ന് ഭിന്നമായിട്ടൊന്നും ഭിന്നമായിട്ട് വരുന്ന ഗുണങ്ങളെല്ലാം വരുന്നുണ്ടല്ലോ അതൊന്നും എന്താണ് ശരീരേന്ദ്രിയ വിഷയ രൂപകാരിദ്രവ്യത്വേന ഭോഗസാധനമാകുന്നില്ല ശരി ശരീരേന്ദ്രിയ വിഷയ ില്ല ഗുണമാകുന്നുണ്ടെങ്കിലും അത് ശരീരേന്ദ്രിയ വിഷയ കാര്യദ്രവ്യത്വനല്ല കാലമാകുന്നുണ്ടെങ്കിലും എന്താണ് ശരീരേന്ദ്രിയ വിഷയരൂപ കാര്യദ്രവ്യത്വനല്ല അത് വ്യതിരേകൃാപ്തി എന്നയോ തന്നയോ യഥാഘടന അന്യവ്യാപ്തി കിട്ടത്തില്ല അന്യവ്യാപ്തി പറയാൻ പറ്റത്തില്ല ദൃഷ്ടാന്തമില്ല കാരണം ഇവിടെ പറയുന്ന എന്താണ് ഭോഗസാധനമാകുന്നത് ശരീര ഇന്ദ്രിയ വിഷയരൂപത്തിലുള്ള കാര്യദ്രവ്യവും എന്നെയും തന്നെ യഥാകാശ എതിരെ വ്യക്തി പറയാൻ പറ്റും അന്യ വ്യക്തി പറയാൻ പറ്റില്ല എന്തുകൊണ്ട് ശരീര ഇന്ദ്രിയ വിഷയരൂപത്തിലുള്ള കാര്യദ്രവ്യങ്ങൾ മാത്രമേ എന്തുപറയുന്നു ഭോഗസാധനമാകുന്നുള്ളൂ അന്യ ഒരു കാര്യദ്രവ്യം ഭോഗസാധനമാകുന്നില്ല എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ ഒരു കാര്യദ്രവ്യമില്ല പിന്നെ വ്യാപ്തി എങ്ങനെ പറയും ഏതാണോ ശരീര ഇന്ദ്രിയ വിഷയ രൂപത്തിലുള്ള കാര്യദ്രവ്യവും അത് മാത്രമേ ഭോഗസാധനമാകുന്നുള്ളൂ എന്നെയും തന്നേ ആകാശം അത് ശരീര ഇന്ദ്രിയ വിഷയരൂപത്തിലുള്ള കാര്യദ്രവ്യമല്ല അത് അത് ഭോസാധനമല്ലേഭ്യനഭിദ്യതെ ഗന്ധവത് യഥാ ജലം എന്ന് പറയുന്നെ അന്യമായി പറഞ്ഞിട്ടൊരു ദൃഷ്ടാന്തം പറയാൻ പറ്റത്തില്ല വേറെ ഒരു അന്യ ഒരു കാര്യദ്രവ്യം ഭോഗസാധനമാകുന്നില്ല എന്ന് പറയാൻ പറ്റത്തില്ല അങ്ങനെ ഒരു അന്യ ഒരു സാധനം ഇല്ല പർവ്വതവും വന്യമാൻ ധൂമാ യഥാ മഹാനസ് ഇത്ര വന്യം ഇത്ര ധൂമവും ആസ്തി യഥാ മഹാ ഹൃദയം ഹൃദയം അവിടെ ഇവിടെ എന്താണോ എന്താണോ ഭോഗസാധനം അല്ലാത്ത മറ്റൊരു കാര്യ ഇന്ദ്രയും അങ്ങനെ ഒരു കാര്യം ഇല്ല ഇല്ല അനുമാനം പറയുമ്പോ അങ്ങനെ പറയാമല്ലേ അനുമാനം പറയുമ്പോ ശരീരേന്ദ്രിയ ഭിന്ന് കാര്യദ്രവ്യോഗ ശരീരേന്ദ്രിയ വിഷയ ഭിന്ന് കാര്യദ്രവ്യം ശരീര വിഷയ ഭിന്ന് കാര്യദ്രവ്യോകെ എന്നിട്ട് അല്ല അങ്ങനെ വരുമ്പോ വ്യത്യാസം വരുന്നില്ലല്ലോ രണ്ടും ഒന്നായി വ്യത്യാസം വരുന്നില്ലല്ലോ അപ്പൊ അനുമാനം എങ്ങനെ പറയുന്നുള്ള ചോദ്യം പിന്നെ വരും വ്യാപ്തി പറയുമ്പോ അപ്പൊ ഭോഗസാധനത്തുമായിട്ട് അംഗീകരിക്കുന്നത് ശരീര ഇന്ദ്രിയ വിഷയ അന്തർഭൂത കാര്യദ്രവ്യം അതാണ് അതിന് മാത്രമേ ഭോഗസാധനത്വുള്ളൂ അപ്പോൾ ശരീര ഇന്ദ്രിയ വിഷയ അനന്തർഭൂതസ്യ കരിദ്രവ്യസ്യ ഭോഗ സാധനത്വം ഇല്ല ഇത് രണ്ട് കാര്യമാണ് കൂടെ പറയുന്നത് ഭോഗസനത്തുണ്ടെന്ന് പറയുന്നത് ശരീര ഇന്ദ്രിയ വിഷയ അന്തർഭൂതമായ കാര്യത്തിലെ ശരീര ഇന്ദ്രിയ വിഷയ അനന്തർഭൂതത്തിന് ഭോഗസാധനത്വില്ലെന്ന് പറയാൻ പറ്റില്ല ആ അപ്പൊ അവിടെ പ്രത്യേകം പറയേണ്ടി വരും ശരീരഇന്ദ്രിയ വിഷയ അനന്തർഭൂത ശരീര ഇന്ദ്രിയ വിഷയ അനന്തര ഇന്ദ്രിയ അല്ലെങ്കിൽ അത് പറയുമ്പോൾ വീണ്ടും കാര്യേന്ദ്രിയും ചോദിക്കും അതുകൊണ്ട് ശരീര ശരീര ഇന്ദ്രിയ വിഷയ അന്തർഭൂതഭിന്നു പറയുന്നു ശരീരഇഷയ ഭിന്നസ്യ കാര്യത്തിരിവരുന്നുണ്ട് ശരീര വിഷയ അന്തർഭൂത ഭിന്നസ്യത്വേന ശരീരഇന്ദ്രിയ കാര്യത്തിരി കൂടെ ചേർക്കണം അവിടെ കാര്യദ്ര ശരീര ഇന്ദ്രിയ വിഷയ അന്തർഭൂത ഭിന്നോധന ശരീര വിഷയ അന്തർഭൂതഭിന്നം പറയുന്നു അന്തർഭൂത ഭിന്നു പറയുമ്പോ അവിടെ ശരീര ഇന്ദ്രിയ വിഷയം വിഷയം എന്ന് പറയുന്നതിൽ ഗുണം വരുന്നുണ്ട് വിഷയത്തിൽ ഗുണം വരുന്നില്ല കാലം വരും കാലം മാത്രമാണ് ശരീര ഇന്ദ്രിയ വിഷയ അന്തർഭൂത ഭിന്നം ഭിന്നമായ ഒന്നിന് എന്താണ് ഒന്നിന് കാര്യദ്രവ്യത്വന് ഭോഗ സാധനത്വം ഇല്ല എന്ന് പറയാം കാര്യദ്രവ്യമായി ഭോഗസ്ഥാനത്തും വരുന്നില്ല മറ്റു രീതിയിൽ ഭോഗസ്ഥാനത്ത് വരാം എങ്ങനെ ജന്യാനാജനകാല എന്നുള്ള രീതിയിൽ കാലത്തിന് ഭോഗസ്ഥാനത്വം വരാം പക്ഷെ കാര്യദ്രവ്യമായി ഭോഗസ്ഥാനത്തും വരുന്നില്ല ശരീര ഇന്ദ്രിയ വിഷയ രൂപകാരിദ്രവ്യ ഭിന്നസ്യാ പറഞ്ഞു ശരീര ഇന്ദ്രിയ വിഷയരൂപ കരിദ്രവ്യ ഭിന്നു പറയു കാര്യദ്രവ്യത്തേനും ഭോഗസാധനത്വം എന്ന് പറയാം ദൃഷ്ടാന്തം എന്ത് പറയും ആകാശ ആകാശത്തെടുക്കുക ശരീര ഇന്ദ്രിയ വിഷയ രൂപകാര്യദ്രവ്യ ഭിന്നമാണ് അതിന് കാര്യദ്രവ്യത്വ ഭോഗ സാധനത്വം വരുന്നില്ല ആകാശത്ത് അങ്ങനെ പറയാം ഇനി വ്യർത്ഥത്തിനുപാധിയെ സംഘടിപ്പിക്കണമെങ്കിൽ ഇത് ശരിയായ സംഘടിപ്പിക്കാൻ കാരണം ഇവിടെ ഈ നാലെണ്ണത്തിൽ മാത്രമേ ശരീര ഇന്ദ്രിയ വിഷയ മൂന്ന് രൂപത്തിലുള്ള കാര്യദ്രവ്യം അപ്പൊ ദ്രവ്യങ്ങളിൽ കാരിദ്രവ്യം ആ കാര്യദ്രവ്യം ഭോഗസാധനമാണെങ്കിൽ മൂന്നിലേതെങ്കിലും പറ്റണം ശരീരം ഇന്ദ്രിയം വിഷയം അപ്പോടെ കാര്യദ്രവ്യത്വം വരണം ഭോഗസാധനത്വം വരണം അത് ശരീരം ഇന്ദ്രിയം വിഷയം മൂന്നിൽ അന്തർഭവിച്ചിരിക്കുകയും വേണം മൂന്ന് കണ്ടീഷനാ പറയുന്നു അപ്പം ഈ മൂന്നെണ്ണത്തിന് മാത്രമേ കാര്യദ്രവ്യ രൂപത്തിന് ഭോഗസാധനത്വം വരത്തുള്ളൂ എന്ന് പറയുക ഈ മൂന്നിൽ നിന്ന് ഭിന്നമായി ഒരു കാര്യദ്രവ്യത്തിന് ഭോഗസാധനത്വം ഇല്ല എന്നല്ല പറയുന്നു കാരണം ഇതിന് മൂന്നിൽ നിന്ന് ഭിന്നമായി കാര്യദ്രവ്യമേ ഇല്ല മുന്നിൽ ഭിന്നമായ ഏതാ കാര്യദ്രവ്യമുള്ളത് ഇല്ല ഇപ്പം ശരീര ഇന്ദ്രിയ കാര്യദ്രവ്യത്തിന് ഭോഗസാധനത്വമുള്ളൂ ആണ് ഭിന്നമായ ഒന്നിന് കാര്യദ്രവ്യമായി ഭോഗസാധനത്വം ഇല്ല ഭിന്നമായുണ്ട് എന്തുണ്ട് ഭോഗസാധനമായിട്ട് ഗുണവുമുണ്ട് കാലുമുണ്ട് ആ ഗുണത്തിനും കാലത്തിനും ശരിയോ ശരീര വിഷയം വിഷയം ഇൻസെ ഭിന്ന് ശരീരഇഷന് ഭോഗ്രവ്യം ഗുണമുണ്ട് ജന്യദ്രവ്യത്തെ സ്വീകരിക്കുന്നുണ്ട് ശരിയാ ശരീരം ഇന്ദ്രിയം വിഷയം ഭിന്നമായ ഏതെങ്കിലും ഒരു ഭാഗമായ ജന്യദ്രവ്യത്തിൽ ആകാശത്തിൽ തർഗിയും സ്വീകരിക്കുന്നില്ല എന്ന് പറയാം അപ്പൊ ഗുണത്തിനും കാലത്തിലും പോകുന്നില്ല കാരണം അത് രണ്ടും ഭോഗസാധനമായ ജന്യദ്രവ്യം അല്ലാശത്തിൽ അത് ഭോഗസാധനം ഉണ്ടാതെ പോകുന്നു ഗുണത്തിനും പോകുന്നു കാലത്തിലും പോകുന്നു ജന്യദ്രവ്യം കാലത്തിൽ പോകില്ല ജന്യദ്രവ്യം എന്ന് പറഞ്ഞു ഗുണത്തിൽ പോകുന്നില്ല ദ്രവ്യം എന്ന് പറഞ്ഞോ ആ അങ്ങനെ പറഞ്ഞാൽ ശരിയാവും സ്വീകരിക്കുന്നുണ്ടോ അപ്പൊ ശരീരേന്ദ്രിയ വിഷയ ഭിന്നമായ ഭോഗസാധനമായ കാര്യദ്രവ്യത്തെ താർക്ക്യം സ്വീകരിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ കറക്റ്റ് ആയി അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് ശരീരേന്ദ്രിയനന്തർഭൂത ഭോഗസാധനത്വം വരയിൽ അംഗീകരിയതേ ശരിയായി ഇനി അടുത്ത് പറഞ്ഞിരിക്കുന്നിടത്തോണ്ട് പ്രശ്നം ആത്മാധീനാം അപ്പൊ ഹിന്ദിയിലൂടെ കറക്റ്റ് എഴുതി വെക്കാം പിന്നെ ശരിയാണോ എന്താ പറഞ്ഞത് ശരീര ഭോഗസാധനം ചേർത്താ മതിയല്ലേ ഭോഗസ മേളെ കൊണ്ടുവന്നാദ്ര ജന്യദ്രവ്യക്കോ താർക്കികാദി മാനിച്ചത് ഒരു പദവി മാറി മാറി കഴിഞ്ഞപ്പോൾ അർത്ഥത്തിന് എത്തി വ്യത്യാസം വന്നു അല്ലേ ഭോഗസാധന ജന്യദ്രവ്യം കറക്റ്റായി ഭോഗസാധനമായ ജന്യദ്രവ്യത്തെ താർക്കികാദികൾ മാനിക്കുന്നില്ല വൈശേഷന്മാർ അത് ശരിയായി അടുത്ത് വരുന്നിടത്തും വീണ്ടും ഇന്ത്യയിലും മിസ്റ്റേക്കുണ്ട് ഇവിടെ സ്പർശ ചെയ്ത് ആത്മാതി ദ്രവ്യോമിപ്പി തദാരബ്ധ്രവ്യവർത്തേ അത് കഴിഞ്ഞ് വരുന്നിടത്തും മിസ്റ്റേക്കുണ്ട് ആ മിസ്റ്റേക്കുകളൊക്കെ എന്താണെന്ന് നിങ്ങൾ അടുത്ത ദിവസം വരും നോക്കിക്കൊണ്ടുവരിക തുടർന്ന് ഭാഗത്തെല്ലാം ഉണ്ട് ഈ മിസ്റ്റേക്ക് തിരുത്താൻ എനിക്കറിയത്തില്ല കാരണം അതിനുള്ള ഹിന്ദി പഠിച്ചിട്ടില്ല പക്ഷെ മിസ്റ്റേക്ക് കണ്ടാ അറിയാം അതിനുള്ള ഹിന്ദി അറിയാം